േൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിന്റെ സമീപത്ത് യോർഡാനക്കരെ മോവാപ് സമഭൂമിയിൽ പാളയമിറങ്ങി ഇസ്രയേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരന്റെ മകനായ ബാലാഖ് അറിഞ്ഞു ജനം വളരെയായിരുന്നതുകൊണ്ട് മോവാപ്പ് ഏറ്റവും ഭയപ്പെട്ടുവിട്ടു ഇസ്രയേൽ മക്കളെക്കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു മോവാബ് മിത്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നതുപോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു അക്കാലത്ത് മോവാബ് രാജാവ് സിഫോരിന്റെ മകനായ ബാലാക്കായിരുന്നു അവൻ ബെയോരിന്റെ മകനായ മിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെഥോരിലേക്ക് ദൂതന്മാരെ അയച്ചു ഒരു ജനം മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടുവന്ന് പൂതലത്ത് മൂടിയിരിക്കുന്നു അവർ എനിക്കെതിരെ പാർക്കുന്നു നീ വന്ന് എനിക്കുവേണ്ടി ഈ ജനത്തെ ശപിക്കണമേ അവർ എന്നെക്കാൾ മാർ ആയിരിക്ക കൊണ്ട് പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്തുനിന്ന് ഓടിച്ചു കളവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു മോവാഭ്യ മൂപ്പന്മാരും മിഥ്യാന്യ മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്നദക്ഷിണയുമായി ബലയാമിന്റെ അടുക്കൽ ചെന്നു ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു അവരോട് ഇന്ന് രാത്രി ഇവിടെ പാർപ്പി യഹോവാ എന്നോട് അരുളി ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം എന്ന് പറഞ്ഞു മോവാഭ്യപ്രഭുക്കന്മാർ ബലയാമിനോടു കൂടെ പാർത്തു ദൈവം ബലയാമിന്റെ അടുക്കൽ വന്നു നിന്നോടു കൂടെയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു ബലയാം ദൈവത്തോട് ഒരു ജനം മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടുവന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു നീ വന്ന് എനിക്കുവേണ്ടി അവരെ ശപിക്കണം പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായി സിപ്പോരന്റെ മകനായ ബാല എന്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്നു പറഞ്ഞു ദൈവം ബലയാമിനോട് നീ അവരോടുകൂടെ പോകരുത് ആ ജനത്തെ ശപിക്കുകയും അരുത് അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു ബലയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് നിങ്ങളുടെ ദേശത്തേക്ക് പോകുവേ നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല എന്നു പറഞ്ഞു മോവാബ്യാ പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിന്റെ അടുക്കൽ ചെന്നു ബിലയാമിന് ഞങ്ങളോടുകൂടെ വരുവാൻ മനസ്സില്ല എന്നു പറഞ്ഞു ബാലാക്കു വീണ്ടും അവരെക്കാൾ പ്രഭുക്കന്മാരെ അയച്ചു അവർ ബിലയാമിന്റെ അടുക്കൽ വന്ന് അവനോട് എന്റെ അടുക്കൽ വരുന്നതിന് മുടക്കമൊന്നും പറയരുത് ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം വന്ന് എനിക്കുവേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് സിപ്പോരന്റെ മകനായ ബാലാഖ് പറയുന്നു എന്ന് പറഞ്ഞു ബിലയാ ബാലാക്കിന്റെ പൃഥ്വിന്മാരോട് ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല ആകയാൽ യഹോവാ ഇനിയും എന്നോട് എന്തായിരുന്നു ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ നിങ്ങളും ഈ രാത്രി ഇവിടെ പാർപ്പിയും എന്നു തരം പറഞ്ഞു രാത്രിയിൽ ദൈവം ബലയാമിന്റെ അടുക്കൽ വന്നു ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു എങ്കിൽ അവരോടുകൂടെ പോക എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു ബലയാം രാവിലെ എഴുന്നേറ്റു കഴുതയ്ക്ക് കോപ്പിട്ടു മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി അവൻ പോകുന്നതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു അവന്റെ രണ്ടു ബാല്യക്കാരും കൂടെയുണ്ടായിരുന്നു യഹോവയുടെ ദൂതൻ വാൾ ഊരിപിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് വിലയാ അതിനെ പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കുവഴിയിൽ നിന്നു കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബലയാമന്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെക്കിക്ക് അവനതിനെ വീണ്ടും അടിച്ചു പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ടു ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്ന് യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു ബിലയാമിന്റെ കോപം ജ്വലിച്ചു അവൻ കഴുതയെ വടികൊണ്ട് അടിച്ചു അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്ന് അത് ബിലയാമിനോട് നീ എന്നെ ഈ മൂന്ന് പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു ബലയാം കഴുതയോട് നീ എന്നെ കളിയാക്കിയതുകൊണ്ടത്രേ എന്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്നു പറഞ്ഞു കഴുത ബിലയാമിനോട് ഞാൻ നിന്റെ കഴുതയല്ലയോ ഇക്കാലമൊക്കെയും എന്റെ പുറത്തല്ലയോ നീ കയറി നടന്നത് ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവൻ പറഞ്ഞു അപ്പോൾ യഹോവ ബലയാമിന്റെ കണ്ണു തുറന്നു യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ കണ്ടു ം വീണു നമസ്കരിച്ചു യഹോവയുടെ ദൂതൻ അവനോട് ഈ മൂന്ന് പ്രാവശ്യം നീ കഴുതയെ അടിച്ചത് എന്ന് ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു കഴുത എന്നെ കണ്ട് ഈ മൂന്ന് പ്രാവശ്യം എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ നിന്നെ കൊന്നുകളുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്നു പറഞ്ഞു ബലയാം യഹോവിയുടെ ദൂതനോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഇത് നിനക്ക് അനിഷ്ടമെന്നു വരികിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്നു പറഞ്ഞു യഹോവിയുടെ ദൂതൻ ബലയാമിനോട് ഇവരോടുകൂടെ പോക എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്നു പറഞ്ഞു ബിലയാം ബാലാക്കിന്റെ പ്രഭുക്കന്മാരോടുകൂടെ പോവുകയും ചെയ്തു ബലയാം വരുന്നു എന്ന് ബാലാക്ക് കേട്ടപ്പോൾ അർണോൻ തീരത്ത് ദേശത്തിന്റെ അതിരലുള്ള ഈർമോവാബ് വരെ അവനെതിരേറ്റു ചെന്നു ബാലാക്ക് ബിലയാമിനോട് ഞാൻ നിന്നെ വിളിപ്പാൻ ആളയച്ചില്ലയോ നീ വരാതിരുന്നത് എന്ത് നിന്നെ ബഹുമാനിപ്പാൻ എനിക്ക് കഴിയുകയില്ലയോ എന്ന് പറഞ്ഞതിന് ബിലയാം ബാലാക്കിനോട് ഞാൻ വന്നിരിക്കുന്നുവല്ലോ എന്നാൽ എന്തെങ്കിലും പറവാൻ എനിക്ക് കഴിയുമോ ദൈവം എന്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബിലയാം ബാലാക്കിനോടുകൂടെ പോയി അവർ കിരിയ ഹൂസോത്തിൽ എത്തിയെത്തി ബാലാഖ് കാളകളെയും ആടുകളെയും അറുത്ത് ബലയാമിനും അവനോടു കൂടെയുള്ള പ്രഭുക്കന്മാർക്കും കൊടുത്തയച്ചു പിറ്റേനാൾ ബാലാഖ് ബലയാമിനെ ബാമോത് ബാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് അവൻ ജനത്തിന്റെ ഒരു അറ്റം കണ്ടു